അലഹമുല്ലാൻ ഇല്ലു ീംബിൻ വാലാ ആലി മുഹമ്മദ് കെമാ ബാക് താലാ ഇബ്രാഹീമാലാ ആലി ഇബ്രാഹീം ഇന്ന കീദും മജീദ്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 അയ്യുഹല്ല ആ മനുത്തകുല്ലാഹു കാത്തി അതു മുസ്ലിമോൻ വ ഇദാ ദുരവ വഹ്ദുഷ്മ അനായ വ ഇദുരല്ലോനിഹിദാഹും യപ്ശിൻ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നാം ആരെയാണോ അവനെ മാത്രം ആരാധിക്കേണ്ടത് ആരാധനയ്ക്ക് ഏകനായിട്ടുള്ള അർഹനായിട്ടുള്ള സർവശ്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമുക്ക് തന്നെ കണക്കാക്കാനും നിശ്ചയിക്കുവാനും പറ്റാത്ത മഹത്തായ സംവിധാനങ്ങളാണ് അള്ളാഹു ഞാനും നിങ്ങളും താമസിക്കുന്ന ഈ ഭൂമിയിൽ നമുക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട എന്തു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും അതെല്ലാം നമുക്കു നമ്മെ വിചാരിച്ച് നമ്മുടെ സൌകര്യങ്ങൾക്കു വേണ്ടി ഒരുക്കിവയ്ക്കപ്പെട്ടതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഭൂമിയുടെ ഉൾഭാഗത്തുകൂടെ അടിയിലെ കാണ്ടുപോകാതെ താന്നുപോകാതെ ഒരു ചെറിയ കലക്ക് പോലും ശുദ്ധജലം നമുക്ക് ലഭ്യമാക്കത്തക്ക ഭൂമിയുടെ മണ്ണിലൂടെ വിന്യസിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കുടിക്കാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ അതിവിദൂരങ്ങളിൽ നിന്ന് കാർമേഘങ്ങളിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴ അള്ളാഹു നമ്മെ ഉദ്ദേശിച്ചാണ് ചെയ്തത് ഘോരമായി ആ മഴ താഴത്തേക്ക് പതിക്കുമ്പോൾ ജീവനുള്ള നാം ഭൂമിയിൽ അറിവോടുകൂടെയും താൽപര്യത്തോടും കൂടെയാണ് ആ മഴ പെയ്തിറങ്ങുന്നത് അതിന്റെ മടത്തുള്ളികൾ നമുക്ക് അപകടകരമാകാത്ത അവസ്ഥ സംവിധാനിപ്പിച്ചത് ഏതിൽ പരിശോധിച്ചാലും അതിലെല്ലാം ഉണ്ടത് ഒരു പഴത്തെ പൊതിഞ്ഞുവെച്ചതിന്റെ കൌതുകം പരിശോധിക്കുമ്പോൾ പോലും നമ്മെ വിചാരിച്ച് കരുണാമയനായ അള്ളാഹു സംവിധാനിച്ചു വെച്ച മഹാനുഗ്രഹങ്ങളിൽ അവന് സ്തുതി പറയാതിരിക്കാൻ അവന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാതിരിക്കാൻ നമുക്ക് പറ്റില്ല നാം അറിയാതെ തന്നെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്വസന പ്രക്രിയകളിൽ പോലും ഒരാസ്വാദനവും ഒരു താളക്രമവും അവൻ നിശ്ചയിച്ചിട്ടുണ്ട് ഈ മഹാനുഗ്രഹങ്ങളെല്ലാം നമുക്ക് തന്നത് എന്തിനെന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ സഹോദരങ്ങളെ ഇതെല്ലാം തന്നവന്റെ അസ്തിത്വത്തെ തിരിച്ചറിയുകയും അവനു മാത്രം നൽകേണ്ട പ്രാർത്ഥനകളെയും ആരാധനകളെയും നേർച്ചകളെയും അവനു മാത്രം നൽകുക അവന്നു മാത്രം നൽകേണ്ട കാര്യങ്ങളിൽ മറ്റൊരു പങ്കാളികളെയും ചേർക്കാതിരിക്കുക അതാണ് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നമ്മെ സൃഷ്ടിച്ചതും ഈ സൗകര്യ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തന്നവനുമായ സൃഷ്ടികർത്താവിന് എന്താണോ നാം നൽകേണ്ടത് അത് നാം നൽകിയിരിക്കണം അത് മറ്റൊരു തന്നെ നൽകുന്നതും അവരൊരിക്കലും പൊറുക്കുകയില്ല അവരൊരിക്കലും ക്ഷമിക്കുകയില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്നിവിടെ വന്നോ അന്ന് മുതൽ ഈ സത്യം അവനെ അറിയിച്ചിട്ടുണ്ട് ആലോചിച്ച് കണ്ടെത്താനോ ഗവേഷണം നടത്താനോ സമയം കൊടുക്കാതെ തന്നെ എന്തിനാണ് അവനെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് മാത്രമല്ല ലോകാരംഭം മുതൽ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഇസ്ലാമിന്റെ അടിത്തിറക്ക് ഇസ്ലാമിന്റെ ജീവന് മാനവരാശിയോളം പഴക്കമുണ്ട് എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കണമെന്ന മഹത്തായ സന്ദേശത്തെ പകർന്നു നൽകാതെ അതുകൊണ്ട് സഹോദരങ്ങളെ ഇതിന്റെ മഹത്വം ലോകത്തെ പഠിപ്പിക്കുകയാണ് പ്രവാചകന്മാർ ചെയ്തിരുന്നത് ജീവിതത്തെ പരിശോധിച്ചാലും ആ പ്രാധാന്യത്തെ നബിസ്ലാസ്മ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം വല്യ കുൻ അവലമാലെ ആദ്യം മതപരമായി എന്തെങ്കിലും ഒരു ക്ഷണം നാം ഒരു വ്യക്തിയോട് നടത്തുന്നുവെങ്കിൽ അയാളോട് പറയേണ്ട ഒന്നാമത്തെ വാക്ക് ലാ ഇലാഹഇ ഇല്ലാ എന്നായിരിക്കണം എന്ന് നബിസ്ഹുഅലൈ വസ്ലമ പ്രബോധനത്തിന് വേണ്ടി നിശ്ചയിച്ചവരോട് മാർഗനിർദ്ദേശം നൽകുകയുണ്ടായി സഹോദരങ്ങളെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിലെങ്കിലും ഒന്നാമത്തെ വിഷയത്തിൽ ഒരു ചെറിയ മുൻഗണനാക്രമം തെറ്റിക്കാൻ അനുവദിക്കുമായിരുന്നുവെങ്കിൽ ഏറെ സമ്മർദ്ദങ്ങൾ വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു കാര്യത്തിനും പരമാവധി ലക്ഷ്യം വെക്കാവുന്നത് ഒരു നല്ല വിവാഹം അല്ലെങ്കിൽ നല്ലൊരു നേതൃത്വം ഒരു രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശം ജനങ്ങളിലൊരു പദവി ഇതൊക്കെയാണല്ലോ മുഹമ്മദ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഇതാണു നിന്റെ ലക്ഷ്യമെങ്കിൽ ഞങ്ങൾ നിനക്കു തരാം എന്ന് നബി സലല്ലാഹു അലിവസല്ലോട് ഈ തവഹീദിന്റെ പ്രബോധനത്തിൽ ഒരു വിട്ടുവീഴ്ച ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആളുകൾ നബിയോട് ആവശ്യപ്പെട്ടപ്പോഴും നബിസ്ലാസം അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെന്ന് നമുക്കറിയാം പത്തു വർഷത്തെ പ്രബോധന കാലഘട്ടത്തിൽ ഈ വിഷയത്തെ തന്നെ മർമ്മപ്രധാനമായി ജനങ്ങളെ പഠിപ്പിച്ചത് അതിന്റെ പ്രാധാന്യത്തെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിശ്വാസത്തിന്റെ മഹത്വം നിറം മനസ്സിൽ കൊണ്ടു നടക്കുകയും അതിനെ വ്യക്തികളിന്ന് വ്യക്തിയിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുക എന്നത് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമാണ് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഒരു ദിവസം അള്ളാഹു തരുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ സൌകര്യങ്ങളിൽ ജീവിക്കുവാൻ ഒരു രാത്രി കൂടെ നമുക്ക് അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് നിർവഹിക്കാനുള്ള ദൌത്യം അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ മഹത്തായ ഇസ്ലാമിന്റെ സന്ദേശത്തെ പകർന്നു നൽകലാണ് ഈ ആശയത്തിന്റെ തൗഹീദിന്റെ മഹത്വം പറയുമ്പോൾ സഹോദരങ്ങളെ അത് വാക്കുകൾക്കും വിശദീകരണങ്ങൾക്കും അപ്പുറം ജീവിതാനുഭവങ്ങളാണ് ഒരു വ്യക്തിയിലാവട്ടെ കുടുംബത്തിലാകട്ടെ ഒരു സമൂഹത്തിലാവട്ടെ അവർ അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്വീകരിച്ചവരാണെങ്കിൽ അള്ളാഹുവല്ലാത്തവന്റെ പേരിൽ ഒരു നാണയത്തൊട്ടുപോലും നേർച്ച ചെയ്യാതെ അള്ളാഹുവിൽ നിന്ന് വന്ന ഒന്നിനെയും തടുക്കാൻ ലോകത്ത് മറ്റാർക്കും സാധിക്കയില്ലെന്ന് വിശ്വസിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവന്റെ മേലിൽ മാത്രം സത്യം ചെയ്യുകയും എല്ലാ വി എല്ലാ വകഭേദങ്ങളും അവന് മാത്രം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ അവൻ നിർഭയനാണ് എവിടെ മരണമില്ലാത്ത പരലോകത്ത് നിർഭയനാണ് മരണം വരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ജീവിതത്തിലും അവന് പേടിക്കാൻ ഒന്നുമില്ല തൗഹീദ് ഉണ്ടെങ്കിൽ പേടിക്കാൻ ഒന്നുമില്ല കയ്യുമീ കാലും ഒരു ഉറുക്കോ ചേരടോ ഒന്നുമില്ലെങ്കിൽ സുഹൃത്തുക്കളെ പേടിക്കാൻ ഒന്നുമില്ല അല്ലെ യും ആ വിശ്വാസത്തിൽ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്താൽ അവർക്ക് നിർഭയത്വമുണ്ട് അവർ സന്മാർഗത്തിലാണ് ഇഹലോകത്തും പരലോകത്തും നിർഭയത്വമുണ്ട് സഹോദരങ്ങളെ എന്തു നന്മ ചെയ്താലും അത് ഈ നന്മക്കു താഴെയാണ് എന്തു നന്മ ചെയ്താലും ഒരു ജീവൻ രക്ഷിച്ചാലും ഈ നന്മക്കു താഴെ എല്ലാ നന്മകളുമുള്ളു അല്ല ഇമാൻ എഴുപതിൽ ചില്ലാനം ശാഖകളുണ്ട് ഈ മാനിന് അതിലേറ്റവും മഹത്വം ഇലാഹഇല്ലമാ വഴിയിൽ നിന്ന് ഒരു മാലിന്യം നീക്കിയ ഒരു നന്മയല്ലേ സഹോദരങ്ങളിൽ എത്ര ആൾ നടന്നുപോയി നമ്മൾ അവിടെ എത്തിയപ്പോ നമ്മളത് ഒരു നന്മയല്ലേ പക്ഷെ അത് നന്മയായി തന്നെ പരിഗണിക്കുന്നു അതിന് പരലോകത്ത് പ്രതിഫലമുണ്ട് പക്ഷേ എന്ന നന്മയോളം വിലമതിക്കാൻ ജീവിതത്തിൽ മറ്റൊന്നിനും അല്ലെങ്കിൽ പറഞ്ഞതിന്റെ ആവശ്യ സഹോദരങ്ങളെ ആ മഹത്വം നമുക്ക് ഒരിക്കലും ചെറുതായി കാണാൻ പറ്റൂല പിന്നെ എന്താ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആത്മീയ ജീവിതത്തിന്റെ ധാർമ്മിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിഷമം എന്താ പടസനെ ചെയ്തു പോയില്ലേ കുറെ അന്തല്ലാത്ത കാലത്ത് കുറെ തിന്മകൾ ഞാൻ ചെയ്തു പോയി എന്റെ സദാചാര ജീവിതത്തിൽ സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ സംഭവിച്ചു ആദമിന്റെ പുത്ര ഇന്ന കൗ അനി ഒരു ഭൂമി നിറയെ തിന്മകളുമായി നീ എന്റെ അടുക്കൽ വന്നു ജീവിതത്തിൽ ഒന്നും പങ്കു ചേർക്കാതെ ശുദ്ധമു വഹിദായി മരിച്ചു നീ എന്റെ അടുക്കൽ എത്തിയാൽ ആ പാപങ്ങൾക്ക് തുല്യമായ പാപമോചനവുമായി ഞാൻ നിന്റെ അടുക്കൽ വരുന്ന സഹോദരങ്ങളെ നാം ഉറപ്പു വരുത്തേണ്ടത് എന്താണ് ഇത് തിന്മകൾ ചെയ്യാനുള്ള പ്രചോദനമല്ല തൗഹൈദ് സത്യസന്ധമായി മുഖലിസായി ഹാലിസായി ഉൾക്കൊണ്ടവനെ സംബന്ധിച്ചോടം സഹോദരങ്ങളെ അതൊരു ജീവിത മാറ്റമാണ് അപ്പൊ എനിക്ക് ഷഹാത്തകരി മണ്ഡലം ഇനി നിസ്കരിക്കണ്ടല്ലോ എന്നൊരാള് വിചാരിക്കൂല തൗഹീദ് ഹൃദയങ്ങളെ തൊടുമ്പോൾ സഹോദരങ്ങളെ ജീവിതം മുഴുവനും ശുദ്ധീകരിക്കപ്പെടും ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറും സംശയമില്ലാത്തൊരു കാര്യമാണ് സഹോദരങ്ങളെ ഇത്ര മഹത്വരമാണ് ഈ ആദർശം ഇസ്ലാം കാര്യങ്ങൾ ഒന്നാമത്തെ ജീവിതത്തിന്റെ കർമ്മമായി വിശ്വാസമായി മാറേണ്ട ഈ ആദർശം ഇനി ഇതിന്റെ പ്രയോജനമോ സത്യം പറയുകയാണെങ്കിൽ എന്തായാലും ഇസ്ലാമിന്റെ പേരിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഉന്മൂലനം ചെയ്യാൻ തൗഹിദിന്റെ പറ്റും അപ്പൊ നമ്മുടെ നാട്ടിലെ കാലക്രമേണ വാപ്പകാരണന്മാരെ പിൻപറ്റി തൊട്ടടുത്ത് നിസ്കരിക്കാനുള്ള മിഹ്റാബ് സജ്ജമാക്കിയതിനെക്കാളും മനോഹരമായി പള്ളി ഗേറ്റിനരികിൽ അവിടെ എന്നോ മര മരണമണ്ഡപ്പെട്ടുപോയ ഏതോ ഒരു പള്ളിക്കാരണവരുടെ അല്ലെങ്കിൽ പള്ളിക്ക് സ്ഥലം വഖഫ് ചെയ്താലുടെ അല്ലെങ്കിൽ പള്ളിയിൽ നാൽപ്പത് കൊല്ലം ദർസ് വെച്ച് മരണപ്പെട്ട ഒരാളുടെ മക്കുപിറയും മനോഹരമായി പച്ചപ്പുതപ്പും ലേറ്റും വിട്ട് മനോഹരമായി വെച്ച് അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ നടന്നു പോകുന്ന പള്ളികളില്ലേ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ അവിടെ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ തൌഹീദ് ഉൾക്കൊള്ളുന്നതോടുകൂടെ ഇസ്ലാമിന്റെ പേരിൽ സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ തൊണ്ണൂറ് ശതമാനവും അവിടുന്ന് നീക്കപ്പെട്ടു പോകും ശിർക്കുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നിലനിൽക്കുള്ളൂ എന്തൊക്കെ സഹോദരങ്ങളെ പണം ഗൾഫ് നാടുകളിലൊക്കെ പത്തും ഇരുപത്തിയഞ്ച് കൊല്ലം ജീവിച്ചിട്ട് തൗഹീദിന്റെ മഹത്തായ ആദർശം കിട്ടുമ്പോൾ ആൾക്കാർ പറയും ഇരുപത്തിയഞ്ച് കൊല്ലത്തെ പണം അന്ധവിശ്വാസങ്ങളിലും മക്കുപറകളിലും ജാറങ്ങളിലും അതേപോലെ തന്നെ മഷിനോട്ടങ്ങളിലും നഷ്ടപ്പെട്ടു പോയി എന്ന സഹോദരങ്ങളെ ഗൾഫിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ടവർ പറയാറുണ്ട് എത്ര പണത്തിന് നഷ്ടം സമയത്തിന്റെ നഷ്ടം പറയണോ സഹോദരങ്ങളെ സമയത്തിന്റെ നഷ്ടം പറയണോ തൗഹീദിന്റെ യഥാർത്ഥമായ വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് സമയത്തിന്റെ നഷ്ടം ഏയ് കുർആാനെന്ന് ആയിരം യാസീനും എൺപതിനായിരം യാസീനും ഒക്കെ ഇരുന്ന് ഓതിയിട്ട് കൊടുക്കുകയാണ് ആർക്ക് ആൾക്ക് എത്തോ സഹോദരങ്ങളെ അങ്ങനെ നാം ചെയ്യുന്ന ആരാധനകൾ നമുക്കേ പ്രതിഫലപ്പെടും അല്ലാതെ പറഞ്ഞത് മാത്രമേ അത് കിട്ടുകയുള്ളൂ സമയത്രയേ പോണത് പണം എത്രയാണ് പോകുന്നത് നോക്കൂ നിങ്ങൾ ഹജ്ജിനും പിന്നെ ഒംറക്കും പോകുന്ന പ്രതീതിയോടുകൂടെയാണ് മൂന്ന് തീർത്ഥാടന കേന്ദ്രങ്ങൾ മാത്രമുള്ള മുസ്ലിം സഹോദരന്മാർ നല്ല നല്ല ഡീലക്സ് ബസ്സുകൾ വിളിച്ച് സഹോദരങ്ങൾ അതിൽ സംഖ്യ കൊടുത്ത് ദിവസങ്ങൾ മെനക്കെടുത്തി ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള ജാറങ്ങളിലും മക്കപുറകളിലും പോകുന്നവരുടെ സമയനഷ്ടം എത്രയോ സഹോദരങ്ങളെ ആരോഗ്യനഷ്ടം കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ വാഹനാപകടങ്ങളിൽ മരണപ്പെട്ടു പോയവർ നിരാകരിച്ചപ്പോൾ എന്തുമാത്രം നഷ്ടങ്ങളാണ് ഓരോ വ്യക്തികൾക്കും ഉണ്ടായതെന്ന് ഒരൊറ്റ ചോദ്യത്തുമ്മേ അതൊക്കെ തകർന്നടിയും യൂസുഫ് നബി അലൈഹിസ്ലാം തന്റെ കൂടെയുള്ള ജയിൽ കൂട്ടുകാരോട് ചോദിച്ചു എന്റെ കൂടെ കിടക്കുന്നവരെ അടക്കി വരിക്കുന്ന ഒരു റബ്ബ് മതിയോ അതേ അനേകായിരം റബുകൾ വേണോ സുഹൃത്തുക്കളെ എന്ത് ക്ലിയറായ ചോദ്യം എത്ര കൃത്യമായ ഉത്തരം ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു നാഥനോ അതോ ഒരു ഗ്രാമക്കാർക്കോ ഒരു നാട്ടുകാർക്കോ മഹത്വം പരിചയമുള്ള ആ നേർച്ചക്കും അവിടുത്തെ പരിപാടിക്കും മാത്രം പരിചയമുള്ള അയാളെക്കുറിച്ചുള്ള ചരിത്ര പുസ്തകം കിട്ടിയവർക്ക് മാത്രം അറിയുന്ന ഈ അനേകായിരം ദൈവങ്ങളോ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരുത്തനോ ഉത്തമൻ ചോദിക്കുന്ന സഹോദരങ്ങളെ അവനാണ് ഉത്തമൻ ഹസ്ബുൻ അല്ലാ അള്ളാഹു മദീ എന്ന് പറയുന്ന ആ മഹത്വത്തിന്റെ ആശയം എത്ര ഉന്നതമാണ് സഹോദരങ്ങളെ എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈ വിഷയത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ അധികം പോകാം സഹോദരങ്ങളെ ആളുകൾ ഇത്രമാത്രം ശത്രുത കാണിക്കുന്ന മറ്റൊരു വിഷയമില്ല സമൂഹത്തെ മുഴുവനും നശിപ്പിക്കുന്ന വട്ടിപ്പലിശക്കാർ സമൂഹത്തെ ഗ്രസിച്ച് കിടന്നിരിക്കുകയാണ് ആടുകളുടെ വീടുകൾ വാഹനങ്ങൾ എല്ലാം പലിശ പണയത്തിൽ സഹോദരങ്ങളെ കിടക്കണ് ആയിരങ്ങളും ആസ ശമ്പളത്തിന്റെ പകുതിയാണ് അടക്കണത് ഈ പലിശയെന്ന മാ ഏറ്റവും മാരകമായൊരു തിന്മ സമൂഹത്തെ ഗ്രസിച്ചിട്ടും ആരെങ്കിലും ശത്രുത കാണിച്ചു സഹോദരങ്ങളെ ഒരു വട്ടി പലിശക്കാരനോട് അല്ലെങ്കിൽ ആ പലിശ സ്ഥാപനങ്ങളോട് ആർക്കും ഇല്ല വാടകയ്ക്കൊരു റൂമ് ചോദിച്ചാൽ ആയിരം വാടക കിട്ടും കൊടുക്കും സഹോദരങ്ങളെ സമൂഹത്തിൽ ആർക്കും എതിർപ്പില്ല എന്നാൽ ഈ തൗഹീദിനോടുള്ള ശത്രുത നോക്കൂ നിങ്ങൾ കാലാകാലങ്ങളിൽ എല്ലാ പ്രവാചകന്മാർക്കും പിശാചുക്കളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുള്ള പിശാചുക്കൾ പ്രവാചകന്മാർക്ക് പിശാചുക്കൾ ശത്രുക്കളായി ഉണ്ടായിരുന്നു കഥ കുറച്ച് സുഹൃത്താൻ ന്യായമ്പ എവിടെയൊക്കെ തൌഹീദുമായി പ്രവാചകന്മാരിറങ്ങിയോ സഹോദരങ്ങളെ ശത്രുക്കൾ കൊല്ലാനും വീട് വളയാനും നാട്ടിൽ നിന്ന് കൂടെ ഉണ്ടായിരുന്നു പ്രബോധനത്തിനിടയിൽ കൊല്ലപ്പെട്ടവരുണ്ട് കഴുത്തറുക്കപ്പെട്ടവരുണ്ട് നടുകെ ഛേദിക്കപ്പെട്ടവരുണ്ട് സുഹൃത്തുക്കളെ ഒന്നും പറഞ്ഞിട്ടല്ല ഒരു സാമൂഹ്യ തിന്മകൾക്കെതിരെയും പ്രതികരിച്ചിട്ടല്ല അള്ളാന മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അത്ഭുതത്തോടെ ചോദിക്കുന്ന ചോദ്യാണ് പടച്ചോനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്തങ്ങളീ പറയണത് അജാൽ അത് ഒരച്ച് ആരാധ്യനോ ഇതൊരു അത്ഭുതപ്പെട്ട ആശയം തന്നെയാണല്ലോ ഇതൊന്നും വേണ്ട പഠിച്ചോ മാത്രം മതിയോന്ന് അതാ ഞാൻ ഓതി വെച്ച് സൂറത്ത് സുമറിൽ നിന്ന് അള്ളാനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ പരലോകത്തെ ഭയപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹൃദയങ്ങൾക്ക് അസഹ്യത അനുഭവപ്പെടുന്നു സഹിക്കാൻ പറ്റില്ല തൗഹീദ് എന്ന് കേൾക്കുമ്പോഴേക്കിനും അള്ളഹാനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോഴേക്കിനും ഇതെന്നെ പറയാനുള്ളൂ ഇതെന്നെ ഉള്ളു എന്നവിടെ ഹൃദയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അവിടെ മുഖത്ത് പ്രകടമായി കൊണ്ടിരിക്കുന്നതാണ് സഹോദരങ്ങളെ ഇതൊരു വലിയ ആദർശമാണ് വലിയൊരു തത്വമാണ് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇസ്ലാമിന് ഉൾക്കൊണ്ട ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ സംഘടനകൾ പണ്ഡിതന്മാർ ഇവരെ മൊത്തം ഈ തൗഹീദിന്റെ വിഷയത്തിൽ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നാല് സമീപനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒന്നെന്താന്ന് വെച്ചാൽ ഈ സുന്ദരമായ തൗഹീദിൽ ഒരു മായവും ചേർക്കാതെ സഹോദരങ്ങളെ വിശ്വസിച്ചതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അത് പ്രവാചകന്മാരുടെ അനന്തരവന്മാരായി പ്രവാചകന്മാർ കൊടുത്ത അതേ പ്രാധാന്യത്തോടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അവരെക്കുറിച്ചാണ് പറഞ്ഞത് അൽ ഒലമാ വറസത്തുൽ അമ്പിയാർ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ അനന്തരഗാമികൾ അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ തന്നെ പറഞ്ഞുകൊടുക്കുമ്പോ സഹോദരങ്ങളെ നമ്മളാരും ആദരിക്കൂല ആരും ബഹുമാനിക്കൂല നമ്മളെ കൈയ്യാരും വന്നു മുത്തൂല നമ്മളെ കാലാരും പിടിച്ച് തലോടൂല അങ്ങനെയുള്ള ഒരു ആദരവൊന്നും കിട്ടൂലല്ലോ എന്ന് വിചാരിച്ച് പറയാതിരിക്കുന്നവരല്ല പിന്നെയോ വസ്ബിർ അലാമായുംബിയെ അവർ പറയുന്നത് നീ ക്ഷമിച്ചോ ഭംഗിയായി ക്ഷമിച്ചോ സുഹൃത്തുക്കളെ അവഗണനയും പരിഹാസത്തിന്റെയും വാക്കുകളെ സഹിച്ച് ആളുകളിൽ നിന്ന് എല്ലാ പീഡനങ്ങളും അനുഭവിച്ച് തൗഹീദിനു വേണ്ടി പടയോട്ടം നടത്തിയവർ ഒരു നൂറ് കൊല്ലത്തിനുള്ളിൽ ഈ തൗഹീദിനു വേണ്ടി ത്യാഗ ജീവിതം നയിച്ച മഹാരഥന്മാരുടെ കഥ പരിശോധിച്ചാൽ സഹോദരങ്ങളെ നടന്നു പോകുമ്പോൾ പിന്നെ മുള്ള വേലിയിലേക്ക് തള്ളിയിട്ടപ്പോൾ അങ്ങാടിയിൽ നിന്ന് ചായ കുടിക്കാൻ കയറുമ്പോൾ ചായ കൊടുക്കാൻ വിസമ്മതിച്ചവർ എന്തിയാ അവർ ചെയ്തു സഹോദരങ്ങളെ നാട്ടിലെ ഒരു മുഴുകുടിയനുപോലും ഒരു വൃത്തിയും വൃത്തിയില്ലായ്മയും നോക്കാതെ തന്റെ ഹോട്ടലിൽ ചായമക്കാനിൽ അവസരം കൊടുക്കുന്നവർ ഒരു മഹാപണ്ഡിതൻ പ്രസംഗിക്കാൻ വന്ന ഒരു മഹാപണ്ഡിതന് ഒരു കട്ടൻ ചായ കൊടുക്കാൻ വിസമ്മതിക്കുന്നു ലോകത്തിന്റെ ചരിത്രത്തിൽ മുഴുവള്ളതാണ് ഇതോറു വെള്ളങ്ങൾ പ്രസംഗിക്കുന്ന സ്ഥലത്തുള്ള റൂമിന്റെ ഷട്ടർ താഴ്ത്തിയിട്ടിട്ട് സഹോദരങ്ങൾ അതിന്റെ ഉള്ളിൽ വെച്ച് ആക്രമിക്കപ്പെട്ടവർ ഓവുചാരിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ ഇതൊക്കെ ഈ മഹത്തായ ഒരു ആദർശത്തിന് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കുക അങ്ങനെ പ്രവർത്തിച്ച ഒരു കൂട്ടം പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരഗാമികളായിട്ട് ലോകത്തുണ്ട് രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ ഈ ഒരു തൗഹീദ് മാത്രം കിട്ടുന്ന ഒരു സന്ദർഭത്തിലും ജനങ്ങളോട് പറയാതെ ജീവിതകാലം മുഴുവൻ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് കഴിച്ചു കൂട്ടിയവർ ഇതറിയാം പക്ഷെ അതാരോട് പറയില്ല അത് ആളുകൾക്ക് ഒരു അലവസരമാകണ്ടെന്ന് വിചാരിച്ചിട്ട് നാൽപ്പത് കൊല്ലം മെമ്പർ കെട്ടിയാലും നാട്ടിലെ മുഴുവൻ തിന്മകൾ പറഞ്ഞാലും ഇത് മാത്രം പറയാത്തവർ അവർ ആ ശ്രോതാക്കളോട് ചെയ്തത് ഏറ്റവും വലിയ വഞ്ചനയാണെന്നാണ് കുറാൻ പറഞ്ഞത് കാരണം എന്തായാലും മുഴുവൻ അമലും പോകും അപ്പൊ സഹോദര ആ പള്ളിയിൽ വരുന്ന മുത്താലിമിങ്ങൾക്കും ആളുകൾക്കും എന്നും ഭക്ഷണം കൊടുത്തിരുന്ന ആയിരക്കണക്കിന് രൂപക്ക് ഭക്ഷണം കൊടുത്താൽ സ്വന്തം മക്കൾക്ക് കൊടുക്കാതെ ഭക്ഷണം കൊടുത്താം എല്ലാ വക്തനും ആ പള്ളിയിൽ ജമാത്തിന് വേണ്ടി വന്ന ഒരാൾക്ക് അദ്ദേഹം അതുമാത്രം പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ ആ സാധുവിന് പരലോകത്തൊന്നും കിട്ടൂല മുഴുവനും നഷ്ടപ്പെട്ട അയാൾ പരലോകത്ത് എത്തും അയാൾക്കറിയാം അത് തെറ്റാണെന്ന് പക്ഷേ പറഞ്ഞുകൊടുക്കുന്നില്ല അതിനെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനങ്ങളും സംഘടനകളും പണ്ഡിതന്മാരും നാട്ടിലുണ്ട് സഹോദരങ്ങളെ ആലോചിക്കുക ഒരു നാടിന്റെ മുഴുവൻ പുരോഗതിയും ഇത് പറഞ്ഞു കൊടുക്കുന്നതിലാണെന്നാണ് വേണം മൂന്നാമത്തെ ആൾക്കാരാന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ ജനങ്ങളെ പേടിച്ചിട്ട് പറയാത്ത ആൾക്കാർ ജനങ്ങളെ പേടിച്ചിട്ട് ജനങ്ങളെ പേടിച്ചിട്ട് പറയാതിരിക്ക ഞാനത് പറയുമ്പോൾ ഇതൊക്കെ ഖുർആആൻ പറയുന്ന സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം അള്ളാഹു ഏറ്റവും അധികം ശാപമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ ഖുർആആാൻ എന്നൊരു കാര്യം മനസ്സിലായിട്ട് അത് പറഞ്ഞു കൊടുക്കാതിരിക്കല്ലതേന ൽയൽ നാം നമ്മുടെ വേദഗ്രന്ഥത്തിൽ വ്യക്തമായി പരാമർശിച്ച കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആളുകൾ അവരെ ശപിക്കുന്നവരൊക്കെ ശപിക്കുക സഹോദരങ്ങളെ മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പറയാൻ പറ്റൂലെങ്കിൽ അതിന്റെ തായ ആരെങ്കിലും കുടിക്കാൻ പറ്റൂ ഇതൊക്കെ എന്താ മനസ്സിലാകാൻ ഇത്ര സങ്കീർണ്ണതയുണ്ട് സഹോദരങ്ങളെ തൗഹുകൾ മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പറയാനോ മുഹമ്മദ് നബി ഇസ്ലാസമിന്റെ പേരിൽ നമ്മുടെ പള്ളിയുടെ ഈ മുറ്റത്ത് ഒരു ഭണ്ഡാര പെട്ടി വെച്ച് മുഹമ്മദ് നബിയുടെ പേരിലുള്ള നേർച്ചായെന്ന് എഴുതി വെക്കാൻ പറ്റില്ലെങ്കിൽ ആരെ പേരിലാണ് എഴുതി വെക്കാൻ പറ്റിയ സഹോദരങ്ങളെ അഷ്റഫുൽ ൽഹിൽ ലോകാവസാനം വരെയുള്ള ആളുകൾക്കുള്ള പ്രവാചകനല്ലേ റസൂൾ പേരിൽ മുഹമ്മദ് നബിയുടെ പേരിൽ നേർച്ചപ്പെട്ടി എന്ന് എഴുതി വെക്കാൻ പറ്റൂല്ലെങ്കിൽ സഹോദരങ്ങളെ ആര പേരിൽ എഴുതി നോക്കാൻ പറ്റും ആര പേരിൽ എഴുതി നോക്കാൻ പറ്റില്ല സഹോദരങ്ങളെ ഇതൊരു സത്യമാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിൽ അരോചകത്വം തോന്നുന്നുവെങ്കിൽ സൂറത്തു സുമറിലെ സൂറത്തു മറിലെ നാൽപ്പത്തിയഞ്ചാമത്തായ ഒന്നും കൂടെ മനസ്സറിഞ്ഞ് നമ്മൾ വായിക്കേണ്ടി വരും അതാണ് സഹോദരങ്ങളെ മാത്രമല്ല എനിക്കറിയുന്നൊരു സത്യം നിങ്ങളെ പരലോകത്ത് അപകടപ്പെടുത്തുന്ന ഒരു സത്യം മൂടി വെച്ചാൽ ആ മഹാപണ്ഡിതൻ മുഖത്ത് നരകത്തിന്റെ മുഖം മൂടിയുമായി നാളെ പരലോകത്ത് വരുന്നാണ് മറച്ചു വെക്കാൻ പറ്റുന്ന സഹോദരങ്ങളെ അറിയൂ മാത്രമല്ല ബോധപൂർവം ഈ തൗഹീദിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ബോധപൂർവം ജനങ്ങൾ അത് ഉൾക്കൊള്ളാതിരിക്കാൻ വേണ്ടി സഹോദരങ്ങളെ കൃത്രിമത്വങ്ങൾ കാണിക്കുന്ന നേതാക്കളും പണ്ഡിതന്മാരും ഇതിലൊരു ഉദാഹരണം പറയണ്ടി ഞാൻ ഈ വായിച്ച പുസ്തകത്തില് അസഹറിലെ പണ്ഡിതനോട് ഒരാൾ വന്നൊരു സംശയം ചോദിച്ചു വലിയ മുഫ്തി എന്തെങ്കിലൊക്കെ ചോദിച്ചു അദ്ദേഹത്തോട് സംശയം ചോദിച്ചു എന്ത് നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുമെന്ന് മുന്നിൽ കബറുണ്ടെങ്കിൽ കബറിന് നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റും വ്യക്തമായ ഹദീസ് ഉണ്ട് ഖബറിന് നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റൂല ഖബറിന്റെ ഇടയിലും നിസ്കരിക്കാൻ പറ്റൂല അപ്പൊ അദ്ദേഹം പറഞ്ഞ അതിനെന്താ വിരോധം നബിസ്ലാ സിബ്മന്റെ കബർന്ന് പറഞ്ഞാൽ മസ്ജുദ് നബവിക്ക് ഉള്ളിലല്ലേ അവിടെയുള്ള ആൾക്കാർ നിസ്കരിക്കണേ എന്താ പ്രശ്നം എന്നാണ് സഹോദരൻ അത് കേൾക്കുമ്പോ അയാളെ വിശ്വസിക്കൂലേ ശരിക്കും നന്നാൽ ഒരു വ്യക്തമായ അസത്യത്തെയും സത്യത്തെയും കൂട്ടി കലർത്താൻ നെബിസ്ലാ സിബ്മന്റെ വീട് എന്ന് പറഞ്ഞാൽ മസ്ജുദ് നബവിന്റെ ഉള്ളിലല്ല ആയിഷാ ബിബി റലിയൻ കയ്യോടൊപ്പം റസൂൾ താമസിച്ച വീട്ടിലാണ് ആ വീട് ആ പള്ളിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു പള്ളിയുടെ വികസനത്തിൽ അതിന്റെ ഉള്ളിൽ വന്നു എന്ന് മാത്രം പ്രസൂൽദാന്റെ കബറിലോടത്ത ആൾക്കാർ ഇനി നിസ്കരിക്കുന്നില്ല എന്ന ചോദ്യം ഇയാൾ ചോദിച്ചു സഹോദരങ്ങളെ വ്യക്തമായ ഒരു പ്രവാചക വചനത്തിനെതിരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ ഈ തവത് ജനങ്ങൾ അതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി മഹത്വങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിനും പണ്ഡിതന്മാർ പങ്കുവഹിക്കുന്നു എന്നാണ് ആ സംഭവം പറഞ്ഞിട്ട് പറയുന്നത് അള്ളാഹു മൈനെ ആവോദിപ്പിക്ക അള്ളാഹു ഉപകാരപ്പെടാത്ത വിജ്ഞാത ഞാൻ എന്നോട് രക്ഷത്തു കേടുന്നുഴപ്പിക്കുന്ന നേതാക്കന്മാരെയാണ് ഞാൻ എന്റെ ഉമ്മത്തിന്റെ പേരിൽ ഭയപ്പെടുന്നത് ഇന്നമ അഹാഫ് അല ഉമ്മീ അൽ അമ്മ അൽ മുനില് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന നേതാക്കളെയാണ് ഞാൻ എന്റെ ഉമ്മത്തിന്റെ പേരിൽ ഭയപ്പെടുന്നത് എന്ന് അഷ്റഫ് അർഹാൽ ഖുറസൂള്ളഭ പറഞ്ഞു വെച്ചു പോയിട്ടുണ്ട് സഹോദരങ്ങളെ മനഃപൂർവ്വം ജനങ്ങളെ തൗകിൽ നിന്ന് വ്യജലിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മഹത്തായ ഭൂമിയേയും അനുഗ്രഹപൂർണമായ ഭൂമിയെ എന്നെയും നിങ്ങളെയും അറിഞ്ഞു സംവിധാനിച്ചവൻ ശ്വസിക്കാൻ ഈ അവയവങ്ങളെ തന്നവൻ ഓക്സിജൻ നിശ്ചയിച്ചില്ലേ സഹോദരങ്ങളെ കുടിക്കാനും കടിക്കാനും വായതന്നവൻ ചുണ്ടുകളെ തന്നവൻ ശുദ്ധമായ പാനീയവും ഭക്ഷണങ്ങളും ഇവിടെ ഒരുക്കിയില്ലേ എന്ന സഹോദരങ്ങളെ അതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്നോണം അവനോട് മാത്രം പ്രാർത്ഥിച്ച് അവന് മാത്രം അവനുമുള്ള ആരാധനകൾ അവന് മാത്രം ചെയ്ത് സഹോദരങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഈ തൗഹീദിന്റെ കെലിമത്ത് ആത്മവിശ്വാസത്തോടെ നിഷ്കളങ്കതയോടെ ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സ്വർഗത്തിന് അവകാശികളായിത്തീരുന്ന യഥാർത്ഥം വഹീദുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അലഹമ്മദില്ലാ ഹം കസീൻ ബാറക്കൻഫി അള്ളാഹു മുസ്ലാല മുഹമ്മദ് വാലാലും മുഹമ്മദ് കമാസൈത്താലിം ആലാലി ഇബ്രാഹിം ഉബാരികാല മുഹമ്മദ് വാലാലും മുഹമ്മദ് കമാ ബാറത്താലിം ആലാലി ഇബ്രാഹിംഇന്ന കമീദ് മജീദ് സഹോദരങ്ങളൊരിക്കൽ കൂടെ അള്ളാഹു സൂക്ഷി ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തണം ഈ ആ രക്ഷ തേടുക എന്നുള്ളത് അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ ഇസ്തി ആദത്ത് എന്ന് നമ്മൾ പറയും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അത് കുറച്ച് ഗൌരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ട് ഇസ്തി ആദത്ത് നമുക്ക് പഠിപ്പിച്ചെന്ന ചില പ്രാർത്ഥനകൾ ഇപ്പൊ നല്ലൊരു വാഹനം കാണുമ്പോൾ വാഹനം വാങ്ങുമ്പോൾ ഇസ്തി ആദത്ത് പഠിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കെട്ടി വച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുടെ സഹോദരൻ അതൊക്കെ വിശ്വാസ വ്യതിയാനങ്ങളാണ് അള്ളാഹു വിവാഹം കടിച്ച ആദ്യ രാത്രിയിൽ തന്റെ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കു നിങ്ങൾ ഒരു ജീവിതകാലം മുഴുവൻ ജീവിത സഖിയായി വരേണ്ടവളെ കുറിച്ച് രക്ഷതേടാൻ വേണ്ടി പഠിപ്പിച്ച ആ വചനം ഞാൻ ഒന്നർത്ഥം പറയട്ടെ അള്ളാഹുമ്മീറൽ പ്രാർത്ഥന അർത്ഥം നോക്കും നിങ്ങൾ അള്ളാഹുബൈ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇവളിൽ നിന്നുള്ള ഹൈറിനെ എന്റെ ജീവിതത്തിൽ ഇവൾ പങ്കാളിയായി തീരുമ്പോൾ ഇവളിൽ കിട്ടാനുള്ള എല്ലാ ഗുണവും എനിക്ക് തരണം തഹ അലൈ അവളിൽ നീ സമന്വയിപ്പിച്ചാൽ പ്രകൃതിപരമായ നന്മകൾ ഏതൊരു വ്യക്തി കൊണ്ട് കുറെ ഗുണം ആ എന്ത് ഗുണാണോ നമ്മുടെ ഭാര്യയ്ക്കുള്ളത് അതാണ് സഹോദരങ്ങളെ ജീവിതത്തിന്റെ നേട്ടം നിന്നോട് ഞാൻ രക്ഷ തേടുന്നു മീൻസ് അവളിൽ നിന്ന് എന്റെ ജീവിതത്തിൽ ഇന്നേവരില്ലാത്ത വല്ല തിന്മയും അവൾ വഴി എന്റെ ജീവിതത്തിലേക്ക് കയറി വരാതിരിക്കാൻ ഒ ശരീരമാ ജബൽതഹ അലൈഹി അവളുടെ പ്രകൃതിയിൽ എനിക്ക് വരാവുന്ന തിന്മകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു സഹോദരങ്ങളുടെ രക്ഷയുടെ വചനങ്ങൾ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ രക്ഷാ നമുക്ക് ചെല്ലാനുണ്ട് അതേപോലെ തന്നെ ജീവിതത്തിൽ വിശിഷ്ടമായ പരീക്ഷണങ്ങൾ പ്രതിസന്ധികളും രക്ഷ തേടാൻ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായി ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് പോലെ പ്രാർത്ഥിക്കണം അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും അതിന്റെ അർത്ഥത്തോടു കൂടെ ഉൾക്കൊള്ളുവാനും ആശയങ്ങൾ പഠിക്കുവാനും മനപ്പാടമാക്കുവാനും ജീവിതത്തിന്റെ സുരക്ഷാ വചനങ്ങളായി അവയെല്ലാം ജീവിതത്തിൽ കൊണ്ടു പ്രാവർത്തികമാക്കാനും സർവോഷ്ഠനായ നാഥൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുയെ ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകൾ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കിത്തന്നെ അല്ലാഹുയെ ഇസ്ലാമികപരമായ െ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു നൽകണമേ രക്ഷിതാവേ ഞങ്ങളുടെ ജീവിത പ്രതിനിധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും രോഗശമനവും അനുഗ്രഹവും നീ പ്രധാനം ചെയ്യണമേ നാഥ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ രക്ഷിതാവേ ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഇണകളിൽ നിന്ന് നാഥ ഞങ്ങൾക്ക് നീ കൺകുടർമ പ്രധാനം ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആരാധനകളെയും പൂർണ്ണ പ്രതിഫലത്തോടു കൂടെ നിന്ന് സ്വീകരിക്കണമെ നാഥ് ഞങ്ങളുടെ എല്ലാ പ്രബോധന പ്രവർത്തനങ്ങളെയും നന്മയുടെ എല്ലാ മാർഗങ്ങളെയും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണം അദാപന്നാർ അലഹദുള്ള